എന്റെ രക്ഷിതാവേ നീ എനിക്ക് അധികാരത്തിൽ നിന്നൊരു പങ്ക് നൽകുകയും കാര്യങ്ങളുടെ വ്യാഖ്യാനം എന്നെ പഠിപ്പിക്കുകയും ചെയ്തു ആകാശഭൂമികളുടെ സൃഷ്ടാവേ ഇഹലോകത്തും പരലോകത്തും നീയാണ് എന്റെ രക്ഷാധികാരി എന്നെ ഒരു മുസ്ലിമായി മരിപ്പിക്കുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ചേർക്കുകയും ചെയ്യണമേ